നാം നല്ലൊരു വാഗ്ദാനം നൽകുകയും അത് ലഭിക്കാനിരിക്കുകയും ചെയ്യുന്ന ഒരാൾ ഇഹലോക ജീവിതത്തിന്റെ വിനോദങ്ങൾ നാം നൽകുകയും പിന്നീട് പുനരുദ്ധാന നാളിൽ ശിക്ഷയ്ക്കായി ഹാജരാക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളെപ്പോലെയാണോ